മുഖങ്ങൾപേം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ കാപ്പിൽ വി സുകുമാരൻ ഖാൻ കാവിൽ പുഷ്പ മഞ്ജുല മാത്യൂസ് മുഖങ്ങൾ മുഖങ്ങൾ ഞങ്ങളിൽ അവശേഷിച്ച നന്മയെ ഊറ്റിക്കുടിക്കാൻ ആയിരം പൽചക്രങ്ങളിൽ ഇരമ്പുന്ന ദാഹമായി കിതയ്ക്കുന്ന നഗരമേ മുഖങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച നിന്റെ വാണിഭത്തെരുവിലേക്കിത ഒരിടപാടുകാരൻ കൂടി ഈ വാണിഭത്തെരുവിൽ വന്നുപെട്ട അരുൺ പ്രകാശും ഭാര്യയും അനീത എന്ന പെൺകുട്ടിയും പത്തോ പതിനഞ്ചോ മിനിട്ടുകൾക്കുള്ളിൽ അറിയുന്നു വിലയ്ക്കെടുത്ത മുഖങ്ങളെപ്പോലെ തന്നെ കമ്പോള ചരക്കുകളായിരുന്നു അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ബന്ധങ്ങളും എന്ന് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്റെ വാച്ച് ശരിയായ സമയം കാണിച്ചിട്ടില്ല അതിലിപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തിയാറ് മിനിറ്റ് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കൂ ഓ അതാണ് ഏറ്റവും വലിയ ചാപം കാലത്തിന്റെ ഹൃദയമിടിപ്പ് നമ്മളൊക്കെ വ്യത്യസ്ത മാത്രകളിൽ നടക്കുന്നു ഓരോ വാച്ചും ഓരോ സമയം കാണിക്കുന്നു യു ആർ റൈറ്റ് മിനിസ്റ്റർ ഓരോ വാച്ചും ഓരോ സമയം കാണിക്കുന്നു പക്ഷേ നിനക്ക് നിന്റെ വാച്ചിലെ മിനിറ്റ് സൂചിയെ പിടിച്ചു നിർത്താനാവില്ല ഓരോ സമയം കാണിക്കുന്ന ാച്ചുമായി ഇപ്പോഴീ റേഡിയോയ്ക്ക് മുമ്പിലിരിക്കുന്ന ആയിരങ്ങൾക്കും അവരുടെ വാച്ചിലെ നിമിഷങ്ങളുടെ സ്ഥലത്തെ നിശ്ചലമാക്കാനാവില്ല ഞാൻ പറയുന്നു ഇനി അവശേഷിക്കുന്ന മിനിറ്റിനുള്ളിൽ നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിക്കും എനിക്കറിയാം മനുഷ്യസിൽ പതിമൂന്ന് മിനിറ്റ് നിർണായക ഘടകമേ അല്ല അരുൺ നീ നിന്റെ മനസ്സിന്റെ മുഖപടം മാറ്റി ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ഇന്ന് എട്ട് മണിക്ക് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന് സംഭവിച്ചേക്ക ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അയാൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു എല്ലാ തിങ്കളാഴ്ചയും എന്നോട് തീഴിയാൻ നഗരത്തിലെ വാഴകമുറിയിലെത്താറുള്ള ഭാര്യയെക്കുറിച്ച് ആറു വർഷത്തെ വേർപാടിന് ശേഷം എന്നെ കാണാൻ ഇന്നെന്റെ വാഴങ്ങമുറിയിലെത്തുന്ന അനീതയെക്കുറിച്ച് തീർച്ചയായും എനിക്കറിയാം നിന്റെ ഭാര്യ അനീലയും നിന്റെ സുഹൃത്ത് അനീതയും എന്ന് നിന്റെ വാടകമുറിയിൽ സന്ധിക്കും നിന്റെ ദ്വിമുഖ വ്യക്തിത്വം അവർ അനാവരണം ചെയ്യും നിമിഷങ്ങൾ ഓരോരണ സ്പന്ദിക്കുമ്പോഴും അനീത എന്നിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം നമ്പർ വാടകമുറിയിൽ അല്പസമയത്തിനുള്ളിൽ അവൾ വന്നെത്തുകയായി ഇന്നലെ കിട്ടിയ അവളുടെ എഴുത്തിൽ യാത്രക്കാര നിനക്ക് തന്ന ഹൃദയം തിരിച്ചു വാങ്ങാൻ മറന്നുപോയ പെൺകുട്ടി വീണ്ടും അരുൺ യാത്രയാകുന്നു പത്തൊൻപതാം തീയതി രാത്രി ഏഴ് മുപ്പതിന് നിന്റെ നഗരത്തിലെത്തുന്ന വണ്ടിയിൽ ഞാൻ ഉണ്ടായിരിക്കും സ്റ്റേഷനിൽ വന്നില്ലെങ്കിലും മുറിയിൽ കാത്തിരിക്കാതിരിക്കരുത് സ്വന്തം അനീത അവൾ എത്തിക്കാണി പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ വയ്യ കാലത്തേന്ന് പോലെ വ്യക്തികളെയും കാത്തിരിക്കാത്തവനാണല്ലോ ഞാൻ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു മുറി കൂട്ടുന്നില്ല മരുഭൂമിയിലെ യാത്രക്കാരന് കൊടുത്ത ഹൃദയം തിരിച്ചെടുക്കാൻ വരുന്ന അനീതയുടെ മുൻപിൽ പതിമൂന്നാം നമ്പർ മുറിയുടെ വാതിൽ തുറന്നു തന്നെ കിടക്കും ഹോട്ടൽ ബോയ് അവർക്ക് വഴി കാണിക്കും അനീതയെ കാണും മുൻപ് എനിക്ക് ആ തെരുവ് വില്പനക്കാരനെ കണ്ടേ തീരും എന്താ സാർ പാത്തും പതിങ്ങി നോക്കുന്നത് ധൈര്യമായിട്ട് വരണം ഇതാ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം ഇതൊരു രഹസ്യ കച്ചവടം അല്ല സാറേ സാറാ ആ പൂ കണ്ടോ മദ്യവർജൻ യോഗത്തിൽ പ്രസവിക്കാൻ പോവുകയാണ് മദ്യഷാപ്പിൽ നിന്ന് ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു എന്റെ അടുത്ത് വന്ന് ഒന്നാന്തരം ഒരു മുഖവും വിലക്കെടുത്തു ജനത്തിന്റെ മുമ്പിലോട്ടിലോ അതോ ഈ ഒറ്റ രാത്രിക്ക് ഉള്ള ഉപയോഗത്തിനാണ് എന്റെ ഭാര്യയുടെയും എന്റെ സ്നേഹിതയുടെയും മുൻപിൽ ധരിക്കാൻ എന്നാൽ ഇതാ ഇതെടുത്തോളൂ മുന്തിയ തരമാണ് പിന്നീട് ഒരു കാര്യം പുതിയ മുഖം വെക്കുമ്പോൾ സൂക്ഷിക്കണം ശരിക്ക് ധരിച്ചില്ലെങ്കിൽ ുംബർ പതിമൂന്ന് അത്രെങ്കിലും ചെയ്തല്ലോ നന്ദി അരുൺ ഞാൻ പോയിക്കോളൂ ആറ് വർഷം മുൻപ് ഞങ്ങൾ ഒന്നിച്ച് സ്വപ്നങ്ങൾ നേരിപ്പോഴും അവസാനമായി ഞാൻ ഇറങ്ങിപ്പോയപ്പോഴും അരുണിന്റെ ഈ മുറി മനോഹരമായിരുന്നു ഇന്നിങ്ങനെയാണാവോ കടന്നു നോക്കട്ടെ കറുത്ത കിടക്കവരികൾ കറുത്ത ജാലകഞ്ഞുറികൾ കറുപ്പ് ചായമടിച്ച ചുമരുകൾ കറുത്ത കവറുള്ള പുസ്തകങ്ങൾ അരുൺ എന്ത് നിനക്ക് നിന്റെ ഈ മാറ്റം വിചിത്രവും ഭീകരവുമാണ് നിന്റെ ഷോ കേസും ശൂന്യമാണല്ലോ അരുൺ ആ കൗതുക വസ്തുക്കളൊക്കെ എവിടെ പോയി ഒന്നു മാത്രം അവശേഷിക്കുന്നു ചൈനീസ് മത്തിലെ മൂന്ന് കുരങ്ങന്മാർ മിണ്ടരുത് കേൾക്കരുത് പറയരുത് വേണ്ട അരുൺ വേണ്ട അത് ഷോ കേസിൽ മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും കേൾക്കാതിരിക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല അരുൺ അന്നത് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തോർക്കുന്നു ഏഹ് എന്തിനാണ് അരുൺ അത് ഷോ കേസിലേക്ക് മാറ്റിയത് സൂക്ഷിക്കുന്നുണ്ടല്ലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഹോട്ടലിന് പോയി തന്ന കുറിപ്പിൽ അരുൺ എന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ ഞാനിപ്പോഴാരെയും കാത്തിരിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിവിദൂരയിൽ നിന്ന് കാണാൻ വന്ന എന്നെ പോലും വലിയ മാറ്റം സിൽക്കുന്ന തുന്നി ചേർത്ത വെള്ളവിരികൾ ഉണ്ടായിരുന്നു പൂ തുന്നി ഇളം നീല ജാലകഞ്ഞുറികൾ ഉണ്ടായിരുന്നു മുറിയിൽ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ നേരത്തെ പരിമളവും ഉണ്ടായിരുന്നു അനീത തിരിച്ചു പോകൂ എട്ടുമണിവരെ കാത്തിരിക്കുക കാത്തിരിപ്പ് ബോറായി തുടങ്ങുമ്പോൾ മേശപ്പുറത്തുള്ള എന്റെ ടൈപ്പ് റെക്കോർഡ് ഓൺ ചെയ്യുന്നു നിനക്ക് വേണ്ടി ഞാനതിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് പകർത്തിവെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന നീ ഇഷ്ടപ്പെടാത്താണ് കേൾക്കുന്നതെങ്കിൽ മേശവലിപ്പിൽ പോയകാല വസന്തം എന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു കേസറ്റ് ടൈപ്പ് ഉണ്ട് അതെടുത്തു വെച്ച് കേൾക്കുക അരുൺ എന്താണാവോ അരുൺ എനിക്ക് വേണ്ടി പകർത്തിവെച്ചത് കേട്ടുനോക്ക എനിക്കിത് കേൾക്കണ്ട ഇല്ല ഞാൻ തിരിച്ചു പോവില്ല അപ്പോഴും അതേ പല്ലവി തിരിച്ചു പോകാൻ എവിടേക്ക് എവിടേക്കാണായിരുന്നു ഞാൻ പോണ്ടത് അന്നും നീതു തന്നെ പറഞ്ഞു സോറി വെറുമൊരു പാട്ട് കെട്ട് ഞാൻ ഇത്ര വികാരാധീന ആകേണ്ടിയിരുന്നില്ല അടുത്ത ടേബിൾ എന്താണാവോ നോക്കട്ടെ ഇനി പറ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ അങ്ങനെ തന്നെ പറയും അരുണിന്റെ ഹൃദയം ചെമ്പരത്തിപ്പൂ പറയട അരുണിന്റെ ഹൃദയം സ്നേഹം അരുണിന്റെ ഹൃദയം സ്നേഹശൂന്യം പറയട്ടെ അരുൺ സ്നേഹ നിർഭരനാണ് ആ ഹൃദയം നിറയെ ഞാനാണ് അല്ല ഞാൻ മാത്രാണ് ആ ഹൃദയം തുടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയാണ് നമ്മൾ എത്ര കാലം എങ്ങനെ ചിരിക്കും വേഗം യോദി ഓൺലി ഗുഡ്സ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചവപ്നം കാണാൻ ഇത്രയും മതിമോളക്കാത്ത് ഗേറ്റിൽ തന്നെ തന്തപ്പടിയുടെ അടുത്തേക്കോ തിയേറ്ററിലേക്കോ ബാറിലേക്കോ ബാറിലേക്ക് ഐസ്ക്രീം ബാറിലേക്ക് വിവരമില്ലാത്തവിട അതോ ബാക്കി മറുപറത്തോ സംസാരിക്കുമ്പോൾ പലപ്പോഴും വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ കൊണ്ട് നീ ഇങ്ങനെയാണ് ഭർത്താവ് എന്റത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടിയുടെ നിഴൽ പോലും വീഴുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കത് കേൾക്കണ്ട എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഐ സ്റ്റോ ദിസ്റ്റോ ആ യന്ത്രം നിങ്ങൾക്ക് ഓഫാക്കാൻ കഴിയും പക്ഷേ എന്നെ തടയാൻ ഒക്കില്ല ഞാൻ അരുണിന്റെ ഞാൻ അരുണിന്റെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്റെ സ്വന്തമായിട്ടും അരുണിനെ എന്നിൽ നിന്നും അകറ്റാൻ മാത്രം അയാളിൽ സ്വാധീനമുണ്ടായിരുന്ന നിങ്ങളെ ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നു എന്റെ സ്വന്തമാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അരുണിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അരുൺ എന്റെ സ്വന്തമല്ലെന്ന് വിശ്വസിക്കാൻ എനിക്കും കഴിയില്ല അരുൺ അല്ല അരുടെ ശബ്ദമുള്ള ആരോ ഒരാൾ അല്ല ഞാൻ അരുണാണ് ശല്യപ്പെടുത്താതെ ഞങ്ങൾ പോലീസിന് വിളിക്കും എനിക്ക് എന്റെ മുഖം ശരി ഞാൻ പോകുന്നു പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന അരുൺ ഇനി വരുകയുണ്ടാവില്ല ഇനി കാത്തിരിക്കുന്നത് അർത്ഥശൂന്യമാണ് എപ്പോഴെങ്കിലും വരാനിടയുള്ള അരുൺ ഈ കുറിപ്പ് മാത്രം മരുഭൂവിലെ യാത്രക്കാരാ നിനക്ക് തന്നെ ഹൃദയം തിരിച്ചെടുക്കാൻ വന്ന പെൺകുട്ടി ഇതാ നിന്ന് യാത്രയാകുന്നു അനീത എക്സ്ക്യൂസ് മി ഒരു ഞാനും കുറിക്കട്ടെ ഇനിയുള്ള തിങ്കളാഴ്ചകളിൽ നിങ്ങളെ കാണാൻ വരാനുള്ള മനസാന്നിധ്യം നഷ്ടപ്പെട്ടവളായി നിങ്ങളുടെ ഭാര്യയുമിത അരുൺ പ്രകാശിൽ നിന്ന് യാത്രയാകുന്നു അനിലേക്ക് നോക്കൂ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് അരുണിന്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളായിരുന്നു എന്ന് നിങ്ങളും സമ്മതിക്കില്ലേ ഇപ്പോൾ അരുണില്ല അനീലയില്ല അനീലയില്ല ുരൂഹവും അവ്യാഖ്യേയവുമായ പശ്ചാത്തലത്തിൽ അരുണിന്റെ ലഘുനാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ കാപ്പിൽ വി സുകുമാരൻ ഖാൻകാവിൽ പുഷ്പ മഞ്ജുല മാത്യൂസ്